വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് താഴെയായി അരുവികളൊഴുകുന്ന സ്വർഗത്തിലെ ഉയർന്ന മാളികകൾ ഞങ്ങൾ നൽകുന്നതാണ് അവിടെ അവർ ശാശ്വതമായി വസിക്കും കർമ്മം ചെയ്യുന്നവർക്ക് എത്ര നല്ല പ്രതിഫലമാണത്